നാല് അഞ്ച് മന്ത്രങ്ങളിൽ ശരീരത്തിൽ ആ ശരീരത്തിൽ നിന്ന് ഭിന്നനായ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു എന്ന് ശ്രുതി പറഞ്ഞ് അതിന് അതിനെ സമർത്ഥിക്കുന്നതിനുള്ള യുക്തിയും പറഞ്ഞു ശരീരം ഒരു സംഘാതമാണ് ആ സംഘാതം മറ്റൊന്നിനു വേണ്ടിയാണ് എല്ലാ സംഘാതങ്ങളും പരാർത്ഥമാണ് ഈ ശരീര സംഘാതവും പരാർത്ഥമാണ് നമ്മുടെ പരൻ ആയിരിക്കുന്നതാണ് ആത്മാവ് എന്ന് വ്യക്തി സമർത്ഥിച്ചു വാ ആത്മാവ് മരണശേഷം അവശേഷിക്കുന്നു നശിക്കുന്നുണ്ട് അന്ന് ജീവദസിന്റെ ചോദ്യത്തിന് ഉത്തരമാണ് മരണശേഷം എന്താണ് ശേഷിക്കുന്നത് അതിനെന്ത് സംഭവിക്കുന്നു അതാണ് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞത് അങ്ങനെ മരണശേഷമുള്ള മരണത്തിനു ശേഷം ശേഷിക്കുന്ന ആത്മാവിന്റെ ഗതിയെക്കുറിച്ചാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്ന ആറാമത്തെ മന്ത്രത്തിൽ ബ്രഹ്മസനാതനം യഥാച മരണം പ്രാപ്യ Bhavadika utama. Bhashyam. Bhashyam. Bhashyam. Bhashyam. Handa. Hidani. Punarabi. Te. Tubhyam. Hidam. Gukhyam. Guphyam. Brahma. Sanadanam. Chirandanam. Prabhakshyami. Yadvijjnana sarva samsara uparamo bhavadi. Avijjnana acca. മരണം പ്രാപ്യത്മാഭവതി തഥാ സംസാരോ ഗോതമ ഹർത്തമാണ് പറഞ്ഞിരിക്കുന്നത് ഇതാനം ഇനി ഇപ്പോൾ ഇനി ഞാൻ നിന്നോട് പുനരവി വീണ്ടും നിനക്ക് നിന്നോട് ഇതം ഗുഹ്യം ഗോപ്യം ോപ്യമായിരിക്കുന്ന ബ്രഹ്മസനാതനം ചിരന്ത അതേസമയം ഗോപ്യം ഗോപ്യം എന്ന് പറയുന്നത് രഹസ്യം എന്ന് പറയുന്നത് പ്രാകൃത ബുദ്ധികൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് അതുകൊണ്ട് തന്നെ ഗോപ്യം ഗുഹ്യം എന്ന് പറയാറുണ്ട് അങ്ങനെ രഹസ്യമായിരിക്കുന്ന രഹസ്യമാണ് എങ്കിലും അത് നിരന്തരം സ്ഥിതി ചെയ്യുന്നതുമാണ് ചിരന്തനമാണ് അതിപുരാതനമായി നിലനിൽക്കുന്നതാണ് അങ്ങനെയുള്ള ബ്രഹ്മത്വത്തെ നിനക്ക് പറഞ്ഞു തരാം വിജ്ഞാനാദ്ശ്യ വിജ്ഞാനാദ് ആ ബ്രഹ്മതത്വത്തിന്റെ ജ്ഞാനം കൊണ്ട് വിജ്ഞാനം കൊണ്ട് അനുഭവം കൊണ്ട് സാക്ഷാത്കാരം കൊണ്ട് സർവസംസാരതി സർവ്വ സംസാരവും അവസാനിക്കുന്നു ജീവന്റെ എല്ലാ ഗതികളും അവിടെ അവസാനിക്കുന്നു അവിജ്ഞാനാത് അതിനറിയാതിരുന്നു അല്ല അല്ലെങ്കിൽ അജ്ഞാനം സനാതന ബ്രഹ്മത്തെ അറിയാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു യശ് മരണം പ്രാപ്യ അറിയാത്തവന് അറിയുന്നവന് സംസാരം അവസാനിക്കുന്നു അവന് മരണമില്ല അറിയാത്തവനാണെങ്കിലും മരണം പ്രാപ്യ അവൻ മരിക്കുന്നു യഥാത്മാതി എങ്ങനെയാണോ അവൻ തഥാ സംസാരതി അവന്റെ സ്വരൂപം എങ്ങനെയാണ് മരിക്കുന്നവന്റെ സ്വരൂപം എങ്ങനെയായിരിക്കും അജ്ഞാനാവൃതമായിരിക്കും അജ്ഞാനത്തോടു കൂടിയിരിക്കും ആത്മാവ് അങ്ങനെയുള്ള ആത്മാവ് യഥാഭവതി തഥ അതിന്റെ സ്വരൂപം അനുസരിച്ച് അതിന്റെ സ്വഭാവം അനുസരിച്ച് അത് സംസാരതി മരണശേഷം വീണ്ടും ജനിക്കുന്നു വീണ്ടും മരിക്കുന്നു തഥാശ്ലോ അത് എങ്ങനെയാണ് ജനിക്കുന്നത് എങ്ങനെ മരിക്കുന്നു ഇക്കാര്യം ശ്ലോ കേട്ടോളൂതമ ഈ പറയുന്ന മന്ത്രങ്ങൾ തുടർന്നുവരുന്ന മന്ത്രങ്ങൾ പുനർജന്മത്തെ വളരെ വ്യക്തമായി പറയുന്ന ഭാഗമാണ് മരണശേഷം വീണ്ടും ആത്മാവിശേഷിക്കുന്നു ആത്മാവിശേഷിച്ചാലേ പുനർജന്മം സംഭവിക്കും അങ്ങനെ ശേഷിക്കുന്ന ആത്മാവിന് പുനർജന്മം തീർച്ചയായും സംഭവിക്കുന്നു എന്നാണ് സനാതനധർമ്മ വിശ്വാസികളുടെ സിദ്ധാന്തം അത് ഈ ഉപനിഷത്തിലാണ് വളരെ വ്യക്തമായി പറയുന്നത് കഠോപുരുഷത്തിൽ അടുത്ത് വരുന്ന മന്ത്രങ്ങളിലാണ് മന്ത്രത്തിൽ അർത്ഥം എന്നിടത്ത് സന്ധി വന്നിരിക്കുകയാണ് തേ ഇതം എന്ന് പിരിച്ചെടുക്കണം സന്ധി വരുമ്പോ തുധം എന്നാവും തേ തുഭ്യം എന്നർത്ഥം ഇതം പ്രവക്ഷ്യാമി ൗതമ്യ മരണം പ്രാപിച്ചിട്ട് ആത്മാ യഥാഭവതി ആത്മാവ് എന്ത് സംഭവിക്കുന്നു ആത്മാവ് എന്തായിത്തീരുന്നു അത് പറയാം നമ്മുടെ കൂട്ടിച്ചേർത്തോളു അത് ഞാൻ പറയാൻ തുടങ്ങുന്നു എന്നാണ് ഇതം പ്രവക്ഷ്യാമി ബ്രഹ്മസനാതനം യം പ്രാതി ഗൗതമ യോനിം അപയ ശരീരേനേനു സംയന്തിഥയുത യോനിം യം ആ ജീവന്മാർ ഗർഭത്തിൽ പ്രവേശിക്കുന്നു യുവനിദ്വാരം പ്രവേശിക്കുന്നു ഗർഭത്തിൽ പ്രവേശിക്കുന്നു മരണശേഷം വീണ്ടും ജീവൻ ജനനത്തിനായി തയ്യാറെടുക്കുന്നു ചില വിവേകം നഷ്ടപ്പെട്ട ജീവന്മാർ മരണശേഷം എന്ത് സംഭവിക്കുന്നു മരണശേഷം വീണ്ടും ഗർഭത്തെ പ്രാപിക്കുന്നു ഗർഭസ്ഥിതന്മാരായിത്തീരുന്നു മൂഢാഹ മൂഢന്മാരായി വീണ്ടും ജനിക്കാൻ തയ്യാറെടുക്കുന്നു പ്രവത്യൻ എന്തിന് ശരീരത്വമായ ശരീര സ്വീകരിക്കുന്നതിനു വേണ്ടി ശരീരം സ്വീകരിച്ച് വീണ്ടും ജനിക്കുന്നതിന് വേണ്ടി ശരീരഗ്രഹണാർത്ഥം ദേഹവന്ത യോനി അങ്ങനെ ശരീരം ശരീരഗ്രഹണാർത്ഥം ശരീരത്തെ സ്വീകരിക്കുന്നതിനു വേണ്ടി ദേഹിനഹ ആ ജീവന്മാർ ദേഹവന്ത യോനി പ്രവിശന്തി അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കിടക്കുന്നു ജനിക്കുന്നതിന് വേണ്ടി ഇത് മനുഷ്യനെയും മറ്റും പറയുന്നതാണ് മനുഷ്യരും മറ്റും അങ്ങനെ ജനിക്കുന്നു മറ്റു ചിലരാണെങ്കിലോ മറ്റു ചില ജീവന്മാരാണെങ്കിലോ സ്ഥാനം ഭാവം വൃക്ഷം തുടങ്ങിയ സ്ഥാപനഭാവങ്ങൾ ജരായുജന്മാരല്ലാത്തവർ ഗർഭപാത്രത്തിൽ നിന്നും ജനിക്കാത്തവർ വൃക്ഷാദിസ്ഥരഭാവം അന്യ അത്യന്ത അധമാഹ അത്യന്ത അധമന്മാരായ ജീവന്മാർ അവരെന്ത് ചെയ്യുന്നു മരണം പ്രാപ്യ മരിച്ചതിന് ശേഷം അനുസംയന്തി അനുകച്ഛന്തി ഭിക്ഷാതിഭാവത്തിലേക്ക് അവർ കടന്നുപോകുന്നു ആ ഭാവത്തെ പ്രാപിക്കുന്നു പല രീതിയിൽ ഭിക്ഷരൂപത്തിലും എത്തി ജനിക്കുന്നു എങ്ങനെ യഥാകർമ്മ ഇതിന് എന്താണിതിന് നിയമിക്കുന്നത് യഥാകർമ്മ അവരുടെ കർമ്മം അനുസരിച്ച് യശ്വകർമ്മ എന്താണോ ഒരുവന്റെ കർമ്മം അതാണ് യഥാകർമ്മ അതിനാണ് ഇവിടെ യഥാകർമ്മം എന്ന് പറഞ്ഞത് ഏര് യാദൃശ്യം കർമ്മ ഇഹ ജന്മനി കൃതം ഏതേത് തരത്തിലുള്ള കർമ്മത്തെയാണോ ഈ ജന്മത്തിൽ ചെയ്തത് തദ്വശേന അതിനനുസരിച്ച് അതിനനുസരിച്ച് കർമ്മത്തിനുസരിച്ച് പ്രവേശിക്കുന്നു മറ്റും ജനിക്കുന്നു തഥാക യഥാശ്രുതം യാദൃശ്യമിത വിജ്ഞാനം ഉപാർജിതം ഏതു തരത്തിലുള്ള വിജ്ഞാനമാണോ ഉപാർജിച്ചത് വിജ്ഞാനം എന്നുള്ളതിന് ഉപാസന എന്നർത്ഥമുണ്ട് അല്ലെങ്കിൽ വാസന എന്നർത്ഥമുണ്ട് ഇപ്പൊ കർമ്മവും കർമ്മം മാത്രമല്ല ജന്മത്തെ നിയന്ത്രിക്കുന്നത് ചിന്തയും നിയന്ത്രിക്കുന്നുണ്ട് ഉപാസനകൾ നിയന്ത്രിക്കുന്നുണ്ട് ബാഹ്യകർണങ്ങളെ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമല്ല വാഗ്മോ കാര്യങ്ങളെ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം അപ്പൊ അതിൽ പ്രധാനമായ ഒന്നാണ് ചിന്ത ഉപാസന ഇതെല്ലാം അപ്പം അതിനെല്ലാം അനുസരിച്ച് നടത്തും അതിനെല്ലാം ചേർത്തിട്ടാണ് വിജ്ഞാനം എന്ന് പറഞ്ഞത് യഥാശ്രുതം യാദൃശ്യം വിജ്ഞാനോപാർജിതം തത് അനുരൂപമേവാദിത്ത അതിനനുസരിച്ച് ശരീരം പ്രതിപദ്ന്തി ആദ്യം പറഞ്ഞത് മനുഷ്യ ജന്മത്തെക്കുറിച്ച് പറഞ്ഞു രണ്ടാമത് പറഞ്ഞത് സ്ഥാപന ജന്മങ്ങൾ മനുഷ്യൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ജനായുജങ്ങളായ ജന്മങ്ങളെ കുറിച്ച് പറഞ്ഞു അതിനും അഥവുമായിട്ടുള്ള ജന്മമാണ് വൃക്ഷാതിരൂപത്തിലുള്ള വിവേകം പൂർണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു ആ ജന്മം ഇനി അതുമല്ലാതെ ഉപാസനയും മറ്റും കൊണ്ട് പ്രാപിക്കേണ്ട ഉയർന്ന ജന്മങ്ങളുണ്ട് ദേവജന്മങ്ങളും മറ്റും ദേവശരീരപ്രാപ്തിയും മറ്റും അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ വിജ്ഞാനം ഉപാസനയ്ക്ക് അനുസരിച്ചുള്ള ഉയർന്ന ജന്മങ്ങളും കിട്ടുന്നു അതുതന്നെ പറയുന്നു യഥാ പ്രജ്ഞം ഹി സംഭവാഹ ഇത് ശ്രുത്യന് തരാ ശ്രുതിയിലും പറയുന്നുണ്ട് യഥാപ്രജ്ഞം പ്രജ്ഞ വാസന ആ വാസനയ്ക്കനുസരിച്ചാണ് സംഭവാഹ ജന്മങ്ങൾ എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് മരണശേഷം വാസനയ്ക്കനുസരിച്ച് വീണ്ടും ജന്മം ഉണ്ടാകുമോ എന്ന് ഇവിടെ വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു ഇത് തന്നെയാണ് യഥാവിഹായ എന്ന് പറയുന്ന തി ശ്രുതിയുടെ താല്പര്യ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പുനർജന്മത്തിന് ഏറ്റവും പ്രാമാണികമായി പറയുന്ന മന്ത്രവും ഇതാണ് വാസനക്ക് അനുസരിച്ച് ജന്മത്തെ സ്വീകരിക്കുന്നു യോനിപത്തെ ശരീരമാണ് ശരീരം അന്യേ സ്ഥാനം അനുശമയെ യഥാ കർമ്മ യഥാശ്രുതം അത് സ്പഷ്ടമാണ് യത് പ്രതിജ്ഞാതം ഗുഹ്യം ബ്രഹ്മ പ്രവക്ഷ്യാമീരി തഥാ മരണശേഷമുള്ള ജീവന്റെ ഗതിയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഗുഹ്യം ബ്രഹ്മ പ്രവക്ഷ്യാമി എന്ന് നേരത്തെ പറഞ്ഞു പ്രതിജ്ഞ ചെയ്തു അതിനെ വിശദീകരിക്കുന്നു അന്യേ പ്രപദ് ശരീരേന സ്ഥലം അന്യനു സംയന്തിയമ്മ യഥാശ്രുതം യഷ സൂക്തു ജഗർത്തിമം കാ പുരുഷോ നിർമ്മിമാണ തുക്രം തദ്ദേമുച്യോകാ ശ്രിത ഏതത് മരണശേഷമുള്ള ജീവന്റെ ഗതിയെ കുറിച്ച് ഈ നമ്മുടെ ഉപനിഷത്തുകളെല്ലാം പുരാണങ്ങളും എല്ലാം പലതരത്തിലെ പക്ഷെ എല്ലാ ജീവനും ഒരേ രീതിയിലല്ല സഞ്ചരിക്കുന്നു ഏതോ ഭാഗത്ത് അത് ചർച്ച ചെയ്തിട്ടുണ്ട് ജീവന്മാരുടെ ഈ പറയുന്ന കർമ്മവും വാസനയനുസരിച്ച് ചില മരണം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ശരീരത്തിലേക്ക് ആ ജീവനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ശരീരം വിടുന്നു എന്നാണ് തൃണജടൂകാന്യായം എന്ന് പറയും പുഴു വേറൊരു ഇലയിലേക്ക് ശരീരത്ത് ഉറപ്പിച്ചിട്ട് മുമ്പിരുന്ന ഇലയിൽ നിന്ന് അങ്ങോട്ട് ചാടും അങ്ങനെ ചാടുന്ന ഒരു പുഴുണ്ട് അതുപോലെ അപ്പോൾ ആ ജീവൻ മരണത്തിനു മുമ്പ് തന്നെ വർത്തമാന ശരീരത്തിലിരുന്ന് ശരീരത്തിലേക്ക് അതിൻ്റെ ബന്ധത്തെ വയ്ക്കുന്നതാണ് അങ്ങനെ വെച്ചുകൊണ്ട് ഈ ശരീരത്ത് ഉപേക്ഷിക്കുന്നു അപ്പം ഈ ശരീരത്ത് ഉപേക്ഷിക്കുമ്പോൾ അത് വേറെ ശരീരത്തെ സ്വീകരിച്ചിരിക്കും അങ്ങനെ പോകുന്ന ജീവന്മാർക്ക് ഇടയ്ക്ക് പിന്നീട് വേറെ ജന്മമില്ല എന്നാണ് അത് ചിലപ്പോൾ ഒരു മനുഷ്യജന്മത്തിൽ നിന്ന് വേറൊരു മനുഷ്യജന്മത്തെ ആയിരിക്കും സ്വീകരിക്കും അങ്ങനെ ചിലത് സംഭവിക്കുന്നു ചില ജീവന്മാരുടെ ഗതിയെ കുറിച്ച് പറയുന്നത് അവര് സാന്തൂര്യത്തിന് മറ്റും വർണ്ണിക്കുന്നുണ്ട് കർമ്മത്തിനനുസരിച്ച് പരലോകത്തെല്ലാം പോയി മേഘമാർഗത്തിലൂടെ വന്ന് വൃഷ്ടിയിലൂടെ അന്നമായി ജനിച്ച് പിതാവിലൂടെ മാതാവിന്റെ ഗർഭത്തിൽ പ്രവേശിക്കുന്നു അങ്ങനെ ചില ജീവന്റെ ഗതിയെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ പ്രവേശിക്കുന്നതിലും അങ്ങനെ പ്രവേശിക്കുന്ന ജീവന്മാരും അത് ഉയർന്ന ജന്മങ്ങൾ സ്വീകരിച്ച് ക്ഷീണയും പുണ്യയും അടുത്തിയ വിശന്തി എന്ന് അങ്ങനെ വരുന്നവരാണ് കർമ്മം അനുസരിച്ച് ഇനി വേറെ തരത്തിൽ മറ്റു ചില ജീവന്മാരുടെ പ്രവേശനത്തെ കുറിച്ച് പറയുന്നത് മാതാവിന്റെ ഗർഭത്തിൽ ഒരു ശിശു രൂപപ്പെടുമ്പോൾ അവിടെ ഈ ജീവൻ കടക്കാതിരിക്കുക എന്നിട്ടാ ഗർഭത്തിൽ ആ ശിശുവിന് ഏകദേശം വളർത്തെ വളർച്ച എത്തുമ്പോൾ ഈ ജീവൻ ആ ശിശു ശരീരത്തെ സ്വീകരിക്കുന്നു എന്നാണ് അതുപോലെ അത് മാതാവിന്റെ ജീവൻ കൊണ്ട് നനക്കുന്നു അങ്ങനെ ഗർഭത്തിലിരിക്കുന്ന ശിശു ഏഴു മാസാവുമ്പോൾ അതിലേക്ക് ജീവൻ കിടക്കുന്നു അങ്ങനെയും പറയുന്നുണ്ട് ചില ജീവന്മാരെ അങ്ങനെ പ്രവേശിക്കുന്നു ഇങ്ങനെ പലതരത്തിലും ആ ജീവന്റെ കർമ്മം വാസന ശരീരങ്ങളെ സ്വീകരിക്കുന്നു എന്ന് പുരാണങ്ങളിലും മറ്റും പലതരത്തിൽ ജീവന്റെ വേശനത്തെ കുറിച്ച് പറയുന്നുണ്ട് മറ്റു ചില ജീവന്മാർക്ക് ശരീരം ലഭിക്കുന്നില്ല മരണശേഷം ഒരു ശരീരത്തെയും സ്വീകരിക്കാൻ പറ്റുന്നില്ല ദുർമരണവും മറ്റു സംഭവിക്കുന്നവർക്ക് അവർ പുതിയൊരു ശരീരം സ്വീകരിക്കാതെ ആണ് ഭൂതപ്രേത വിശാലായിട്ട് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ശരീരഗ്രഹണത്തിനുള്ള യോഗ്യത വരുമ്പോ മറ്റേതെങ്ങനെ ശരീരത്തെ അതായത് ശരീരം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സ്ഥൂല ശരീരം സ്ഥൂല ശരീരങ്ങളെ സ്വീകരിക്കുന്നു അങ്ങനെയും പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പലതരത്തിൽ പറയുന്നത് ഈ തരത്തിലെല്ലാം ജീവന്റെ ജന്മ സംഭവിക്കുന്നു ഇതെല്ലാം സംഭവിക്കുന്നത് കർമ്മവും ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രജ്ഞ യഥാകർമ്മ യഥാശ്രുതം അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ വിശദീകരണമായിട്ടാണ് അതെല്ലാം പറയുന്നത് ചില ജീവന്മാര് ചില പ്രത്യേക യോനികളെ പ്രാപിക്കുന്നു ഇപ്പൊ പിതൃലോകം ചില ജീവന്മാര് നേരെ പിതൃലോകത്തിലേക്ക് പോകും എന്നിട്ട് ആ പിതൃലോകത്തിൽ ദീർഘകാലം കഴിയും മനുഷ്യ മറ്റും പുണ്യം ചെയ്തിട്ടുള്ളവർ മനുഷ്യ സ്വീകരിക്കുന്നില്ല പുണ്യലോകങ്ങൾ പുണ്യദേവലോകങ്ങൾ ഇതെല്ലാം പ്രത്യേക പ്രത്യേക പ്രത്യേക ജന്മങ്ങളെ പ്രാപിക്കുന്നു അങ്ങനെയുള്ള യോനിന്ന് പറയുന്നു ആരൂപത്തിൽ ദേവ യക്ഷരാക്ഷസ കിന്നര ഗന്ധർവയോനികൾ അങ്ങനെയുള്ള ജന്മങ്ങൾ പ്രത്യേകം പ്രത്യേകം വിഭാഗങ്ങളുണ്ട് ഈ വിഭാഗങ്ങളെല്ലാം പ്രത്യേകിച്ച് ഓരോ ജീവന്മാരും മരണശേഷം പ്രാപിക്കുന്നു ഇങ്ങനെയെല്ലാം പുരാണങ്ങളിൽ ഈ ജീവന്റെഗതിയെ കുറിച്ച് പലതരത്തിൽ വർണ്ണിക്കുന്നുണ്ട് അതിന്റെ ഒരു ചെറിയ ഒരു സൂക്ഷ്മരൂപമാണ് ഇവിടെ കൊടുത്തത് ഇത് വളരെ ആ തരത്തിൽ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ വളരെ പഠനം അർഹിക്കുന്ന ഒരു വിഷയമാണ് അതിനെ കൂടുതൽ വിശദീകരണങ്ങൾ ഇവിടെ പറയുന്നില്ല ഈ വിഷയം കൂടുതലും ചർച്ച ചെയ്യുന്ന പല പുരാണങ്ങളിലും മറ്റുമാണ് ഇതിനെ കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്തായാലും ഒരു കാര്യം ഇവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട് മരണശേഷം ജീവന് പലതരത്തിലുള്ള ഗതി ആ ജീവന്റെ കർമ്മവും വാസനയും അനുസരിച്ച് പലതരത്തിലുള്ള ഗതി സംഭവിക്കുന്നുണ്ട് എന്ന് ഉപനിഷത്തിൽ സ്പഷ്ടമായി പറയുന്നു പിന്നെ അത്തരം ഗതികളെ കുറിച്ച് നമുക്ക് അത് പഠിച്ച് മനസ്സിലാക്കാനും പ്രയാസമാണ് ബുദ്ധിപരമായി ഗ്രഹിക്കുന്നതിന് പ്രയാസമുള്ള വിഷയമാണ് ഈ ജീവന്റെ ഗതിയും കേവലം യോഗി എന്നാണ് പറയുന്നത് യോഗികൾക്ക് മാത്രം അവരുടെ അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്ന കാര്യമാണ് സാധാരണ മനുഷ്യർക്ക് അവരുടെ യുക്തിയോ മറ്റു തരത്തിലുള്ള പഠനമോ കൊണ്ട് ഈ ജീവന്റെ ഗതിയൊന്നും മനസ്സിലാക്കാൻ കഴിയത്തില്ല എന്നും പറയുന്നുണ്ട് ഈ ആത്മാവിനെ വ്യക്തമാക്കി തരുന്നതിന് വേണ്ടി ഇവിടെ സ്വപ്ന അവസ്ഥയെ കാണിച്ചു തരികയാണ് അപ്പോൾ ആത്മാവ് മനഃശേഷം നിലനിൽക്കുന്നു ആ നിലനിൽക്കുന്ന ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി ജാഗ്രതത്തിൽ മനസ്സിലാക്കാൻ പ്രയാസമാണ് കാരണം എന്തുകൊണ്ട് ആ ശരീരബോധത്തിലാണ് ആത്മാവ് നിലനിൽക്കുന്നത് ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മബോധം അത് ജാഗ്രതത്തിൽ കിട്ടുന്നില്ല അങ്ങനെ ഒരു ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ശരീരത്തിൽ നിന്നും വേറിട്ട ആത്മാവ് നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് തന്നെ അതാണ് സുപ്തേഷു പ്രാണാദിഷു പ്രാണനും മറ്റും ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ദ്രിയങ്ങളും മറ്റും ഉറങ്ങിക്കിടക്കുമ്പോൾ ഉറക്കത്തിൽ ജാഗ്രതി ഇവനുണർന്നിരിക്കുന്നു അവിടെ ഈ ആത്മാവ് ശരീരത്തിൽ നിന്നും വേറൊട്ടിരിക്കുന്നു ഇന്ന സുഭിക്ക് ഉറങ്ങുന്നില്ല കഥം എങ്ങനെ കാമം കാമം തം േതം സ്ത്രീമാണ ഇഷ്ടം പോലെ അവന്റെ കാമനുസരിച്ച് തം അഭിപ്രേതം ഓരോ ജീവനും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ എന്താണോ സ്ത്രീയാദ്യാർത്ഥം സ്ത്രീ തുടങ്ങിയ വിഷയങ്ങളെ അവൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെന്തോ അതെല്ലാം അവിദ്യയാ നിർമ്മിമാണ അവിദ്യ കൊണ്ട് നിർമ്മിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ ജാഗ്രത എന്തെല്ലാം വിഷയസുഖ ണോ അവനിച്ഛിക്കുന്നത് ആ സുഖാനുഭവങ്ങളെ അനുഭവിക്കുന്നതിന് വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു ആ ജീവൻ സ്വപ്നത്തിൽ ഇഷ്ടവിഷയങ്ങളെല്ലാം സൃഷ്ടിക്കുന്നു നിഷ്പാദയൻ അങ്ങനെ ജാഗ്രത അവൻ ഉണർന്നിരിക്കുന്നു പുരുഷനെ തിരിച്ചറിയും ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടറിയായി കാരണം ഈ ശരീരത്തിൽ അവിടെ ശരീരബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ ശരീരം നിശ്ചയിഷ്ടമായി കിടക്കുന്നു ഈ ശരീരത്തിൽ താനെന്നുള്ള ബോധമില്ല ഇല്ലാത്തപ്പോഴും ആരാണോ അവിടെ ഉണർന്നിരുന്ന് ഇഷ്ടവിഷയങ്ങളെ സൃഷ്ടിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ഈ ശരീരത്തിൽ നിന്നും വേറിട്ട ആത്മാവാണ് യുഹ അങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നവനായ ജീവൻ തതേവ ശുക്രം അതിന്റെ അർത്ഥം പറയുന്നു ശുഭ്രം ഒന്നുകൂടി വിശദീകരിക്കുന്നു ശുദ്ധം തദ്ബ്രഹ്മ എന്ന് നിർദ്ദേശിച്ച ആ ബ്രഹ്മം അവൻ തന്നെയാണ് സ്വപ്നത്തിൽ ഉണർന്നിരിക്കുന്നത് രഹസ്യമായ ഒരു ബ്രഹ്മത്ത് നിനക്ക് പറഞ്ഞു തരുന്നു എന്ന് കരുതുമ്പോ തന്നിൽ നിന്ന് അന്യമായ ഏതെങ്കിലും ഒരു ബ്രഹ്മത്തെ രഹസ്യമായ ഒന്നിനെ പറഞ്ഞു തരുന്നു എന്നല്ല അർത്ഥം തന്നെ തന്നെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന തന്റെ യഥാർത്ഥ സ്വരൂപത്തെയാണ് അതിന് നന്യദ്ഗുഹ്യം ബ്രഹ്മസ്സി തന്നെ നിന്ന് അന്യമായിട്ട് രഹസ്യമായൊരു ബ്രഹ്മമില്ല എന്നർത്ഥം താൻ തന്നെ സദാ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മത്തിന് പക്ഷേ മായാമോഹിതനായി അതിനെ അറിയുന്നു എന്നർത്ഥം ആ ബ്രഹ്മത്തെ ഒരിക്കലും അറിയാതിരിക്കുന്നില്ല അറിയുന്നുണ്ട് പക്ഷെ മായാധീനനായി മായാൽ മോഹിതനായി സ്വയം തന്നെ അതിന് ആവരണം സൃഷ്ടിച്ച് ആവരണത്തിലൂടെയാണ് അതിനെ മനസ്സിലാക്കുന്നത് ആവരണം നീക്കി ആ മറം മാറ്റി അറിയുന്നില്ല എന്നെയോ അതുകൊണ്ട് ഗുഹ്യമായ ഒരു തത്വത്തെ രഹസ്യമായ ഒരു തത്വത്തെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അന്യമായ മറ്റെന്തെങ്കിലും ആണ് ഉപദേശിക്കുന്നതെന്ന് ധരിക്കരുത് അതുകൊണ്ട് പറയുന്നതിനുഹ്യം സ്വസ്വരൂപമായിരിക്കുന്ന ആത്മാവിനെയാണ് നിനക്ക് ഉപദേശിക്കുന്നത് തദൈവ അമൃതം അത് അമൃതമാണ് അതിനെ ഈ ശരീരത്തെ വിട്ടു നീക്കാൻ കഴിയുന്നുണ്ട് ജാഗ്രതത്തിൽ ഈ ശരീരത്തോട് ചേർന്ന് ആ ശരീരത്തിൽ നിന്നൊട്ടും വിടാതിരിക്കുന്ന അത് സ്വപ്നത്തിൽ ശരീരം വിട്ടുനിൽക്കുന്നു ശരീരം വിട്ടാലും അതിന് നാശമില്ല അങ്ങനെയാണെങ്കിൽ മരണശേഷവും അതിന് നാശമില്ല എന്നാണ് അത് തദൈവ അമൃതം അവിനാശി ഉച്ചരി അതുകൊണ്ടാണ് അതിന് അമൃതം അവിനാശി ഇവിടെ സർവശാസ്ത്ര സർവശാസ്ത്രങ്ങളിലും അങ്ങനെ തന്നെ പറയുന്നു നശിക്കാത്തതാണ് വേദങ്ങളിലും പുരാണങ്ങളിലും എല്ലാം അത് പറയുന്നുണ്ട് അത് നശിക്കാത്തതാണ് കിഞ്ച പൃഥി ലോകാഹ മാത്രവുമല്ല സ്വപ്നത്തിൽ അത് ലോകങ്ങളെ സൃഷ്ടിച്ച് തന്റെ ആഗ്രഹത്തിനനുസരിച്ച് വിഷയത്തെ സൃഷ്ടിച്ച് അനുഭവിക്കുന്നു അപ്പം മാത്രമല്ല അതിന്റെ സൃഷ്ടി പിന്നെയോ ഈ ലോകവും പൃഥിവ്യാദയ ഈ പഞ്ചഭൂതങ്ങളും അതിന്റെ കാര്യവുമായിരിക്കുന്ന ലോക പ്രപഞ്ചം എല്ലാ ലോകങ്ങളും ഭൂർഭൂസ്വ എല്ലാ ലോകങ്ങളും തസ്മെന്നൈവ സർവേ ഭ്രമണി ആശ്രിതേ ലോക സർവ ലോകങ്ങളും ആ ലോകത്തിലെ സർവജീവന്മാരും ഇതിനെ ആശ്രയിച്ച് തന്നെ നിലനിൽക്കുന്നു സർവലോകാരണത്വത്വസ് സർവ ലോകത്തിനും അതാണ് കാരണം സ്വപ്ന ലോകത്തിന് മാത്രമല്ല എന്നത്യേതി കസ്റ്റന കസ്റ്റന തത് നാത്തേതി ഒരുവനും അതിനെ കടന്നു പോകാൻ കഴിയുന്നില്ല അതിനപ്പുറം ആനുസ്തി ചെയ്യുന്നില്ല സർവരും അതിനെ സർവ്വജീവന്മാരും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുൾപ്പെടെ സർവരും അതിനെ ആശ്രയിച്ചതിന് നിൽക്കുന്നു ഇത്യാദി പൂർവ ദൈവ ഏതത് തുടങ്ങിയതെല്ലാം പഴയതുപോലെ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ ശരീരത്തെ വിട്ടിട്ട് ഈ ആത്മാവിന് നിലനിൽക്കാൻ കഴിയുന്നു അതിന് നമ്മുടെ നിരന്തരം നമുക്ക് കിട്ടുന്ന ദൃഷ്ടാന്തമാണ് സ്വപ്നവും സുഷുതിയും ആ ദൃഷ്ടാന്തത്തിലൂടെ ഈ ശരീരത്തിൽ നിന്നും വേറിട്ടൊരാത്മാവുണ്ടെന്ന് ഇവിടെ സമർത്ഥിച്ചു ആ ആത്മാവിന് ഈ ശരീരം വിട്ട് നിൽക്കാൻ കഴിയുമെങ്കിൽ മരണശേഷവും ആ ശരീരം വിട്ടു നിൽക്കാൻ കഴിയും ണശേഷം ആത്മാവ് നശിക്കുന്നില്ല എന്നു ഒരു യുക്തിയും ഈ മന്ത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ആത്മാവിന്റെ അമൃതത്വം ശ്രുതിയിൽ പറയുന്നത് യുക്തി സഹമാണ് യുക്തിക്കും അത് നിരക്കുന്നതാണ് എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് സന്ധി വന്നിരിക്കുകയാണ് ർമ്മിമാണ വിഭിന്ന വിഷയങ്ങൾ അതിനു കാണിക്കാനാണ് കാമം കാമെന്ന് ആവർത്തിച്ചത് പലതരത്തിലുള്ള അവ്യവസ്ഥിതങ്ങളായ രൂപങ്ങളെ സൃഷ്ടിക്കുന്ന സ്വപ്നം അതാണ് സുപ്തീഷു ജാഗ്രത ജാഗ്രത ജീവന്റെ ജീവന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കാരണമായിരിക്കുന്നത് അതിന് പ്രേരകമായിരിക്കുന്ന ഇച്ഛയാണ് അതിന്റെ കാമമാണ് സർവ്വപ്രവൃത്തി കാരണം അത് ശ്രുതിയില്ല ആവർത്തിച്ച് ആവർത്തിച്ച് പറയും കർമ്മത്തിന് കാരണം കാമം പ്രവൃത്തിക്ക് കാരണം ഇച്ഛ എന്നാണ് ആ ജാഗ്രത അവൻ വളരെ ഇച്ഛിക്കുന്നു പക്ഷെ മുഴുവൻ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എല്ലാം അതിനെ പ്രവൃത്തി പദ്ധതി കൊണ്ടുവരാൻ കഴിയുന്നില്ല ശേഷിക്കുന്ന കാര്യങ്ങൾ ജാഗ്രത്തിൽ പ്രവർത്തിച്ച് തീർക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇച്ഛ യുടെ പൂർത്തീകരണമായി പൂർത്തീകരണത്തിന് വേണ്ടി അവശേഷിക്കുന്ന കാര്യങ്ങൾ അത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വപ്നം സ്വപ്നാവസ്ഥയെ ജീവൻ സൃഷ്ടിക്കുന്നത് അവിടെ ജാഗ്രതത്തിൽ ശേഷിക്കാത്ത കാമങ്ങളെയെല്ലാം പൂർത്തീകരിക്കുന്നു അതുകൊണ്ട് എപ്പോഴും സ്വപ്നം ജാഗ്രതത്തിന് അനുസരിച്ചായിരിക്കും എന്നാണ് അപ്പൊ സ്വപ്ന ജാഗ്രതത്തിൽ അനന്തമായ ആഗ്രഹങ്ങൾ അത് മുഴുവൻ പൂർത്തീകരിക്കുന്നതിന് ഉള്ള സമയവും കാലം ജാഗ്രതയിൽ ഇല്ല ജീവന്റെ ഇച്ഛയെ പൂർത്തിയാക്കുന്നതിന് കാലത്തിന്റെ വൈഷമ്യമുണ്ട് അനേക ജന്മങ്ങളിൽ പൂർത്തിയാക്കേണ്ട കാര്യങ്ങളെ ജാഗ്രതയിൽ ഒരുവന് ഒരു നിമിഷം കൊണ്ട് സങ്കല്പിക്കാൻ പറ്റും അപ്പോൾ ജാഗ്രതത്തിലെ കാലബോധം പക്ഷേ അതിനെ സഫലമാക്കുന്നതിന് അവനെ അനുവദിക്കുന്നില്ല കാരണം ജാഗ്രത്തിലെ കാല ബോധം നിശ്ചിതമാണ് അതിന് ഭൂത വർത്തമാന ഭാവി രൂപത്തിലത് ക്ലിപ്തമാണ് കാലം ആ കാലത്തിൽ അനുഭവിച്ച് തീരാൻ വയ്യാത്തതും ഒരാൾക്ക് സങ്കല്പിക്കാം കാമങ്ങള് കാമി വിഷയങ്ങളെ കുറിച്ച് സങ്കല്പിക്കാം മനോരഥ സൃഷ്ടിക്കാം പക്ഷെ അത് അനുഭവിക്കാൻ പറ്റുന്നില്ല ആ കാമങ്ങളെ ഫാക്കാൻ സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല പക്ഷെ ഒരു സങ്കല്പം ഒരിച്ച അത് വ്യർത്ഥമാകാൻ പാടില്ല ഫലത്തെ കൊടുക്കാതെ അത് വ്യർത്ഥമാകാൻ സാധ്യമല്ല അതിനൊരു ഒരു സങ്കല്പം വന്നുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതിപ്രവർത്തനം സംഭവിച്ചേ തീരും അത് കർമ്മത്തിന്റെ ഒരു നിയമമാണ് ഒരു കർമ്മമുണ്ടായാൽ ഫലമുണ്ടാകും ഉണ്ടായേ തീരും അത് ഈശ്വരന്റെ കർമ്മ ക്ഷണം അർത്ഥശൂന്യമായി കൽപ്പിക്കുന്ന ഇച്ഛിക്കുന്ന ഈ കാര്യങ്ങളുടെ എല്ലാം ഒരു പൂർത്തീകരണം ജാഗ്രതയിലെ കാലബോധത്തിൽ എത്രയെങ്കിലും കൂടാനുകൂടി ജന്മങ്ങൾ കൊണ്ട് സാധ്യമല്ല കാരണം അത്രയും ജന്മങ്ങളുടെ നിമിഷം കൊണ്ടൊരാൾക്ക് സങ്കല്പിക്കും ഒരാൾ ദേവനാകുന്നു സങ്കല്പിക്കുന്നു ദേവേന്ദ്രനാകുന്നു സങ്കല്പിക്കുന്നു അങ്ങനെ സങ്കല്പിക്കുന്നതിന് തടസ്സമില്ല ദേവലോകത്തെക്കുറിച്ച് സ്വർഗലോകത്തെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് സ്വർഗത്തെക്കുറിച്ച് സങ്കല്പിക്കും പക്ഷേ ഈ കാമനകൾ ഫലസിദ്ധിയിലെത്തുന്നതിന് ജാഗ്രതത്തിലെ കാലദൈർഘ്യം തടസ്സമായി നിൽക്കുകയാണ് ജാഗ്രതത്തിലെ കാലദൈർഘ്യത്തെ ഒരു പരിധിക്കപ്പുറം ജീവന് മാറ്റാനോ അറിയാനോ സാധ്യമല്ല ഇതെല്ലാം പൂർത്തിയാക്കുന്നതിപ്പോ ആ ജീവൻ സ്വപ്നത്തിലാണ് സ്വപ്നത്തിൽ ജാഗ്രതത്തിലെ കാലദൈർഘ്യം അല്ല ജാഗ്രത്തിലെ കാല വ്യവസ്ഥ അവിടെ ഇല്ല അപ്പോൾ അനേക സഹസ്ര യുഗങ്ങളെല്ലാം സ്വപ്നത്തിൽ നിമിഷം കൊണ്ടു കഴിയും അപ്പൊ ഈ കാമനകളെല്ലാം ജാഗ്രത്തിലെ കാമനങ്ങളെല്ലാം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വപ്നത്തെ ജീവൻ സൃഷ്ടിക്കുന്നത് ജീവൻ സ്വേച്ഛയ അവിടെ കാലത്തെ സൃഷ്ടിക്കുന്നു ആ കാലത്തിൽ മത്തെ കാമി വസ്തുക്കളെ വിഷയങ്ങളെ എല്ലാം സൃഷ്ടിക്കുന്നു എല്ലാം അനുഭവിച്ച് സ്വപ്നത്തിൽ തൃപ്തനായിത്തീരും വീണ്ടും ജാഗ്രതത്തിലേക്ക് വരുന്നു വീണ്ടും കാമിക്കുന്നു സ്വപ്നത്തിൽ വീണ്ടും കാമനകളെ പൂർത്തീകരിക്കുന്നു അപ്പോൾ ഈ ജാഗ്രതത്തിലെ എല്ലാ കാമനകളും സ്വപ്നത്തെ സാക്ഷാത്കരിക്കപ്പെടും അനുഭവിക്കുന്നു ആ കർമ്മം കർമ്മ ഫലങ്ങളെല്ലാം അവിടെ അനുഭവിക്കുകയാണ് ജാഗ്രതത്തിൽ സഫലമാവാത്തോ സഫലമാക്കാൻ കഴിയാത്തോ അനേക യുഗങ്ങളെ അനുഭവിക്കുന്നതിനുള്ള പ്രത്യേക കാലമാണ് സ്വപ്നത്തിലുള്ളത് അതുകൊണ്ടാണ് സ്വപ്നത്തിൽ അനേക ജന്മങ്ങൾ ചില ഇപ്പോൾ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുന്നത് അതെല്ലാം കഴിയും ആ സ്വപ്നം മുഴുവൻ ജാഗ്രതത്തിൽ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നില്ല ഓർക്കാത്ത എത്രയോ സ്വപ്നങ്ങൾ കടന്നു പോകുന്നു എന്തെല്ലാ രംഗങ്ങളവിടെ എന്തെല്ലാം ജന്മം ജീവിതം സുഖം ദുഃഖം എല്ലാം അവിടെ അനുഭവിക്കുന്നു അപ്പോൾ ആ കർമ്മ അനന്തമായ കർമ്മവും കർമ്മഫലങ്ങളും ജീവൻ സ്വപ്നത്തിൽ സൃഷ്ടിച്ച് അനുഭവിക്കുന്നു അതാണ് എന്ന് പറയുന്നത് അവിടെ അതെല്ലാം സൃഷ്ടിച്ച് അനുഭവിക്കുന്നു അതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞാലേ പിന്നെ ജാഗ്രത്തിൽ ഈ ജീവന് വന്നിട്ട് വീണ്ടും ഈ ജാഗ്രത്തിലെ യാത്ര തുടരാൻ കഴിയത്തുള്ളൂ അതിന് സ്വപ്നം അല്ലെങ്കിൽ എന്തു ചെയ്യണം ജാഗ്രതത്തിൽ കാമനകളില്ലാത്തവനായിരിക്കും കാമവാസനകളെ സൃഷ്ടിക്കാത്തവനായിരിക്കും ജാഗ്രതത്തിലെ ഇച്ഛകൾ തത് അനുരൂപങ്ങളായ വാസനകളെ സൃഷ്ടിക്കുന്നതുകൊണ്ടാണ് സ്വപ്നത്തിൽ വീണ്ടും സൃഷ്ടി നടക്കുന്നത് കാരണം ജാഗ്രതത്തിലെ കാമ്യവസ്തുക്കൾ ഒരിക്കലും ജാഗ്രത് സൃഷ്ടിയിൽപ്പെടുന്നവയായിരിക്കില്ല ജാഗ്ര കാലത്തിൽ ഒരിക്കലും പ്രാപ്യമാകുന്നവയായിരിക്കത്തില്ല പക്ഷേ ജീവൻ എന്ത് ചെയ്യുന്നു അതെല്ലാം സ്വപ്നത്തിൽ പ്രാപ്യമാക്കും ഇല്ലാത്തതിനെല്ലാം അവിടെ സൃഷ്ടിക്കുന്നു അപ്പൊ ഈ ആഗ്രഹപൂർത്തി ജീവൻ സ്വപ്നത്തിൽ വരുത്തും അതുകൊണ്ട് ജാഗ്രത് സങ്കല്പങ്ങൾക്കനുസരിച്ചാണ് സ്വപ്നം എന്ന് പറയുന്നത് കൊണ്ടാണ് പക്ഷെ ജാഗ്രത കാലദേശ വ്യവസ്ഥകൾ സ്വപ്നത്തിൽ നിലനിൽക്കാത്തത് കൊണ്ട് അതെല്ലാം അവ്യവസ്ഥിതങ്ങളായി പോകും സ്വപ്നം എന്ന് പറയുന്നത് തികച്ചുമോന്റെ ജാഗ്രത സംസ്കാരത്തിനനുസരിച്ച് തന്നെയായിരിക്കും ജാഗ്രതത്തിലെ കാലദേശ നിയമങ്ങൾക്കനുസരിച്ച് ഉള്ള സങ്കല്പങ്ങൾ സ്വപ്നത്തിൽ അത് ഫലവത്താവുമ്പോൾ അവിടെ ജാഗ്രതത്തിലെ കാലദേശ നിയമങ്ങൾ നിലനിൽക്കുന്നതിന് അതുകൊണ്ടാണ് സ്വപ്നത്തിൽ അമ്പ വരുന്നത് വ്യവസ്ഥകളില്ലാതെ വരുന്നത് അതുകൊണ്ട് ജാഗ്രത് വാസനകളെ സംസ്കരിച്ചു കഴിഞ്ഞാൽ ജാഗ്രതത്തിലെ ഇച്ഛകളെ നിയന്ത്രിക്കാനും വാസനകളെ സംസ്കരിക്കാനും കഴിഞ്ഞാൽ തതനുസാരിയായ സ്വപ്നമായിരിക്കും ഗുരുവന് ഉണ്ടാകുന്നത് അതുകൊണ്ട് ജാഗ്രതയിലൊരാൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ സങ്കല്പം ജാഗ്രതത്തിൽ ഒരിക്കലും അയാൾക്ക് നേടാൻ കഴിയാത്തതാണെങ്കിലും അത് ഏതെങ്കിലും രൂപത്തിൽ അമ്പ്യവസ്ഥിതമായ രൂപത്തിൽ ആ ജീവന് സ്വപ്നത്തിൽ അത് അനുഭവിക്കേണ്ടി വരും അതിനുവേണ്ടി ജീവൻ തന്നെ സ്വയം കാലദേശങ്ങളെയും വസ്തുക്കളെയും എല്ലാം അവിടെ നിർമ്മിമാണ സൃഷ്ടിക്കുന്നവനായിരിക്കുന്നു അതുകൊണ്ടാണ് അവിടെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞത് ജാഗരത്തിൽ ഈശ്വര സൃഷ്ടമായ ജഗത്തിനെ ജീവൻ അവന്റെ സങ്കല്പം കൊണ്ട് അനുഭവിക്കുന്നു ജീവസങ്കല്പത്തിലൂടെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് പൊതുവായ നിയമം ഈശ്വര സൃഷ്ടമായ പ്രപഞ്ചത്തിൽ ജീവന് സ്വാതന്ത്ര്യമില്ല സങ്കല്പിക്കുന്നതും സങ്കല്പിക്കുന്നവന് സ്വാതന്ത്ര്യം അവന്റെ സങ്കല്പങ്ങൾ മായാധീനങ്ങളായി പോകും അതുകൊണ്ട് അതിനും അവന് പൂർണമായ സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല സൃഷ്ടി ഈശ്വര സിഷ്ടമാണ് അവന് ജീവൻ മാറ്റിമറിക്കാനും കഴിയുന്നില്ല മാറ്റിമറിക്കാനും കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ വസ്തു സ്വഭാവത്തെ അവന് മാറ്റാൻ പറ്റുന്നില്ല എന്തുകൊണ്ടത് ഈശ്വര സിഷ്ടമായതുകൊണ്ട് ഇത് സാമാന്യ വ്യവഹാരത്തിന്റെ നിയമമാണ് പക്ഷേ ജീവൻ തന്നെ സൃഷ്ടി കർത്തൃത്വം ഏറ്റെടുക്കുന്ന സ്വപ്നത്ത് അപ്പൊ അവിടെ ഈ നിയമം ബാധകമല്ല സ്വപ്നത്തിന് അവൻ ഈശ്വരനെ സൃഷ്ടിക്കും ഈശ്വര സൃഷ്ടമായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കും ആ പ്രപഞ്ചത്തിൽ അവന്റെ എല്ലാ ഭോക്തൃ ഭോഗ ഭാവങ്ങളെയും സൃഷ്ടിക്കും സർവത്തെയും അവൻ സൃഷ്ടിക്കും അതുകൊണ്ട് അവിടെ ജീവൻ സ്വതന്ത്രനാണ് അവൻ തന്നെ കാലദേശങ്ങളെല്ലാം സൃഷ്ടിക്കും അപ്പൊ ഇവിടത്തെ ജാഗരത്തില് ജാഗ്രത്തിൽ പ്രതിനിമിഷം അവൻ സങ്കല്പത്തിലൂടെ സൃഷ്ടിക്കുന്ന ഈ കർമ്മങ്ങളെല്ലാം സ്വപ്നത്തിനവൻ പൂർത്തീകരിക്കുന്നു ഇപ്പോൾ രണ്ട് ജോലികളാണ് ജാഗ്രത ജീവന്റെ നിരന്തരമായ പരിശ്രമം അതിന് അധികം പരിശ്രമം സ്വപ്നത്തിൽ ചെയ്യും അവന് തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കേണ്ടി വരുന്നു അനുഭവിക്കേണ്ടി വരുന്നു അവൻ തന്നെ ഭോക്താവാകുന്നു ഭോഗ്യമാകുന്നു ഭോഗമായിത്തീരുന്നു ഇപ്പൊ രണ്ടു തരത്തിലുള്ള ജോലിയാണ് ഈ രണ്ടു തരത്തിലുള്ള ജോലിയും ചെയ്ത് ചെയ്യുന്ന ജീവന് വിശ്രമം ഈ കഠിനമായ പ്രവൃത്തിയിൽ നിന്ന് നിരന്തരമായ പ്രവൃത്തിയിൽ നിന്നുള്ള വിശ്രമം അതാണ് സുഷുപ്തി എന്ന് പറയുന്നത് പക്ഷെ ആ സുഷുപ്തി അവന് ക്ഷണമേ കിട്ടുന്നുള്ളൂ പൂർണമായ വിശ്രമമാണത് പക്ഷെ അവിടെയും അവന് പറ്റുന്നില്ലതാണ് സുപ്തേഷു ജാഗ്ര എന്ന് പറയുന്നത് ഉറങ്ങിയാൽ അവന് ഉറങ്ങിയിരിക്കാൻ പറ്റുന്നില്ല കാരണം ഈ ജാഗ്രത്തിലെ അനന്ത സംസ്കാരങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഫലം കൊടുക്കാതെ അതിന് ഫലം കൊടുക്കുന്നതിന് വേണ്ടി സ്വപ്നം വേണം പൊതുവെ കർമ്മവും ഫലവും എന്ന് പറയുന്നതല്ല ജാഗ്രത്തിലെ നിയമങ്ങൾക്കനുസരിച്ചാണ് എന്തുകൊണ്ട് ജാഗ്രത്തിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് കാലദേശ നിയമങ്ങൾ എന്ന് പറയുന്നത് ഈശ്വര സൃഷ്ടമായ പ്രപഞ്ചത്തിന്റെ നിയമങ്ങളാണ് അതിന്റെ നിയമങ്ങൾ ഈ നിയമങ്ങൾക്ക് വിധേയമായി ഒരുവൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരാൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഈ ജാഗ്രത നിയമങ്ങൾക്കനുസരിച്ചുള്ള കർമ്മഫലങ്ങൾ ജാഗ്രതയിൽ തന്നെ അനുഭവിക്കാം അങ്ങനെ പറ്റുന്നു അതായത് ഒരാൾ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുകയാണ് അതയാൾക്ക് ജാഗ്രതത്തിൽ അനുഭവിക്കാൻ പറ്റത്തില്ല മറിച്ച് വേദം നിർദ്ദേശിച്ചിരിക്കുന്നു സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അതിന്റെ നിയമങ്ങളുണ്ട് യാഗം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു അതൊക്കെ അനുസരിച്ച് അയാൾ യാഗം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ആ പറഞ്ഞ രീതി അനുസരിച്ച് കർമ്മഫലത്തെ അനുഭവിക്കാം ജാഗ്രത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിൽ അയാൾക്ക് ആ കർമ്മഫലത്തെ അനുഭവിക്കാൻ കഴിയുന്നു എന്തുകൊണ്ട് അവിടെ അയാളുടെ കർമ്മങ്ങൾ ചിന്തകൾ എല്ലാം ശാസ്ത്രീയമാണ് പക്ഷെ അയാൾ അത്തരം ശാസ്ത്രീയമായ മാർഗങ്ങളെ സ്വീകരിക്കാതെ കേവലം സങ്കല്പത്തിലൂടെ തന്നെ സ്വർഗത്തിൽ പോകാനും മറ്റും ആഗ്രഹിക്കുമ്പോഴാണ് ആ സ്വർഗം അയാൾക്ക് സ്വപ്നത്തിൽ സൃഷ്ടിച്ചനുഭവിക്കേണ്ടി വരുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഗ്രഹത്തിലെ ആഗ്രഹങ്ങൾ അതിന് സൃഷ്ടിക്കുന്ന വാസനകൾ ആ വാസനകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ജീവൻ സൃഷ്ടിക്കുന്ന ലോകമാണ് സ്വപ്ന ആ ജാഗ്രതും സ്വപ്നവും ഈ രണ്ട് ലോകങ്ങളിൽ നിന്നും ജീവന് മോചനം മോക്ഷം സഹജമായി തന്നെ കിട്ടുന്ന അവസ്ഥയാണ് സുഷുക്തി സുഷുക്തി എന്ന് പറയുന്നത് സഹജമായ മുക്തിയാണ് ജീവന്റെ അതുപനിഷത്തിൽ പല ഭാഗങ്ങളും പറയുന്നുണ്ട് പക്ഷെ അവനാതിൽ തുടരാൻ കഴിയുന്നില്ല അവിടെ ജീവൻ ജീവഭാവത്തെ വിടുന്നു എന്ന് പറയുന്നു ജീവഭാവത്തെ തന്നെ പൂർണ്ണമായി ഉപേക്ഷിച്ച് സ്വപ്നത്തിനും ജാഗ്രതത്തിനും അവന് കഴിയാത്ത ആ ജീവഭാവത്യാഗം അത് സുഷുത്തിയിൽ അവന് സഹജമായി ശ്രദ്ധിക്കുന്നു അവൻ ആ പരമാത്മാവിനോട് ഏകീഭവിച്ച് അവിടെ സ്ഥിതി ചെയ്യുന്നു പക്ഷെ എന്തുകൊണ്ടോ എന്നേ പറയാൻ പറ്റും അല്ലെങ്കിൽ മായമുണ്ട് എന്ന് പറയാം അവൻ വീണ്ടും ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കും വരുന്നു ഇവിടെ വീണ്ടും ജാഗ്രത ഈശ്വര സൃഷ്ടമായ പ്രപഞ്ചത്തിൽ അവൻ ഇച്ഛിക്കുന്നു അറിയുന്നു ഇച്ഛിക്കുന്നു പ്രവർത്തിക്കുന്നു അതിനനുസരിച്ച് സ്വപ്നത്തിനും വീണ്ടും ഇതെല്ലാം ആ സുഷുതിയിൽ പരമാത്മാവിനോട് ഏകീഭവിച്ചിരുന്ന ആ ജീവനെ ആശ്രയിച്ചാണ് ഇതെല്ലാം നടക്കുന്നതാണ് തസ്മിൻ ലോകാശ്രിത സർവേ എന്ന് പറയുന്നത് സർവ്വ ലോകങ്ങളും ഈ ജാഗ്രത ലോകങ്ങളും സ്വപ്നത്തിന്റെ ലോകങ്ങളും ഈ ലോകങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു അതിനെ ആശ്രയിച്ചിരിക്കുന്നു ആ സ്വപ്നനെ ആശ്രയിച്ചിരിക്കുന്നു തത് നാത്തേതി കച്ചന അതിനപ്പുറം പോകാൻ പറ്റുന്നില്ല നമുക്ക് വേണമെങ്കിൽ ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് പോകാം ജീവൻ അവന് തിരിച്ച് ജാഗ്രതത്തിലേക്ക് വരാം സുഷുദ്ധിയെ മറികടക്കാൻ പറ്റത്തില്ല അവിടെ അവസാനിക്കുന്നു അതിൽ സർവവും അവസാനിക്കുന്നു അവിടെ നിലനിൽക്കുന്നു അവിടെയാണ് അവന്റെ യഥാർത്ഥ സ്വരൂപം നിലനിൽക്കുന്നത് ആ സ്വരൂപത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ ആത്മചിന്തനവും മറ്റും ചെയ്യുന്നത് जागर्ति, യഷ സൂക്തു ജാഗർത്തിമു പുരുഷോ നിർമ്മിമാണ തുക്രം തദ്ദേമ सर्वे, പ്രണ ഉപന്നത്മേകത്വ്ഞാനം അസകൃത് ഉച്യമാനമുണ്ട് അനിർജുബുദ്ധീനാം ബ്രാഹ്മണാനം ചേതസി നീ തത്പ്രതിപാദനെ ആദരവതി പുനഃ പുനഃ വീണ്ടും വീണ്ടും അതിനെ പറയുന്നുണ്ട് മുമ്പും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വീണ്ടും വീണ്ടും ഇതിനെ പറയുന്നു ഓരോ തവണ പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ ീ തത്വ പ്രകാശനം വർദ്ധിച്ചു വരണം അതാണ് ശ്രുതി ഉദ്ദേശിക്കുന്നത് തത്വം കൂടുതൽ പ്രകാശിച്ചുകൊണ്ടിരിക്കും അതാണ് ആദരവതി വളരെ ആദരവോടുകൂടി ആദരവ് ശ്രദ്ധ വളരെ ശ്രദ്ധയോടുകൂടി താൽപ്പര്യപൂർവം പുനഃ പുന ശ്രുതി പറയുന്നു എന്നാണ് എന്തുകൊണ്ട് അനേക താർക്കിക കുബുദ്ധി വിചലിത അന്ധക്കരണ അനേക താർക്കിക കുബുദ്ധികൾ ഈ പരമാത്മ തത്വത്തെ ഒരിക്കലും ജീവൻ ധരിച്ച് ഇതിൽ നിന്ന് മുക്തനാകരുതെന്നാണ് മായ ആഗ്രഹിക്കുന്നത് മായയുടെ ആഗ്രഹ അത് ബുദ്ധിയിൽ പല വൈകൃതങ്ങളെയും സൃഷ്ടിക്കുന്നതാണ് കുബുദ്ധി എന്ന് പറഞ്ഞത് കുയുക്തികളെ താർക്കിക കുയുക്തികൾ പല യുക്തികൾ കൊണ്ട് പലതരത്തിൽ ആത്മാവിന്റെ സ്വരൂപത്തെ മറയ്ക്കുന്ന യുക്തികളെ സൃഷ്ടിക്കുന്നു അങ്ങനെ മറച്ച കുത്സിതബുദ്ധികൾ താർക്കിക കുത്സിത ബുദ്ധികൾ യുക്തിയിലൂടെ തർക്കത്തിലൂടെ ആത്മാവിനെ ഊഹാപോഹങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ശ്രുതി അവരെ സ്വീകരിക്കുന്നില്ല ശ്രുതി പരമാത്മതത്വത്തെവർ ഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് വിചാലിത അന്ധക്കരണാനാണ് അന്ധക്കരണം കലങ്ങിപ്പോയവർ ശരിയായ തത്വപ്രകാശനും അന്ധക്കരണത്തിൽ വരാതെ അത് കുഴഞ്ഞു മറിഞ്ഞുകിടക്കുന്നു പല യുക്തികളും പറഞ്ഞു മനുഷ്യന്റെ ബുദ്ധിയെ അതിൽ തെളിച്ചം ആത്മപ്രകാശം ഉണ്ടാക്കുന്നതിന് പകരം അതിൽ പലതരത്തിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നാണ് താർക്കിക കുബുദ്ധികൾ അവരുടെ വാദങ്ങൾക്കൊരിക്കലും ചെവി കൊടുക്കാൻ പാടില്ല ഒരു തത്വബോധനം ഉണ്ടാകുമ്പോൾ ആ തത്വബോധനം കൊണ്ട് നമ്മുടെ ഉള്ളിൽ തത്വപ്രകാശനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കാവൂ ഗ്രാഹ്യ ത്യാജ്യ വിവേചനം ശ്രോതാവിന് സാധകനുണ്ടായിരിക്കണം ഇന്നതേ സ്വീകരിക്കാവൂ ഇന്നത് സ്വീകരിക്കരുത് ശ്രവിക്കേണ്ട ആവശ്യം കൂടി പിന്നീടാണ് സ്വീകരിക്കുന്നത് അത്തരം പരീക്ഷണങ്ങൾക്ക് സമയമില്ല പരീക്ഷണങ്ങൾക്ക് അവസരവും കൊടുക്കാൻ പാടില്ല ഒരിക്കലും സ്വന്തം ബുദ്ധിയെ സ്വന്തം മനസ്സിനെ പരീക്ഷിക്കാൻ പാടില്ല പരീക്ഷ പരാജയപ്പെട്ടു അതുകൊണ്ട് കാര്യങ്ങൾ മാത്രം ഗ്രഹിച്ചു പോകുക എവിടെയാണോ ആത്മതത്വത്തെ സ്പഷ്ടമായി യഥാർത്ഥമായി പ്രകാശിപ്പിക്കുന്നത് അവിടെ നിന്ന് മാത്രം അതിനെ ഗ്രഹിക്കുക അതുകൊണ്ട് ഭാഷകാരം പറയുന്നു താർക്കിക കുബുദ്ധി വിചലകാന്തക്കാർ താർക്കിക കുബുദ്ധികൾ ഇളക്കി മറിക്കുന്ന മനസ്സ് ആയിരിക്കരുത് ഒരിക്കലും കാരണം പ്രാചീനന്മാരും അർവാചീനന്മാരുമായ പല ആൾക്കാർ അവർക്ക് തന്നെ എന്താണ് ഈ ആത്മവസ്തു എന്താണ് സ്ത്രീയിൽ പറയുന്നതെന്നു അവർക്ക് തന്നെ പിടിക്കുക എന്നാലും മറ്റുള്ളവരുടെ മനസ്സിൽ അസ്വസ്ഥമാകാൻ ഉള്ള വാസന അവരിൽ ശേഷിക്കും അതിനുള്ള സാമർഥ്യവും കാണും അതുകൊണ്ട് മറ്റുള്ളവരെ അന്ധക്കരണത്തെ മലിനമാക്കും എങ്ങനെ ആത്മാവിനെ തെറ്റായ രീതിയിൽ ബോധിപ്പിക്കും അതിനൊരിക്കലും വഴിപെടരുത് അങ്ങനെ വഴിപ്പെട്ടുപോയാൽ പ്രമാണ ഉപന്നം ആധ്യാത്മികത്വ വിജ്ഞാനം പ്രമാണോപന്നം പ്രമാണം കൊണ്ട് പ്രാപ്തമായതാണ് അനേക പ്രമാണങ്ങളിലൂടെ സിദ്ധമാകുന്നതാണ് ഈ ആത്മ ഏകത്വ വിജ്ഞാനം അങ്ങനെ ബുദ്ധി കളങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിൽ മാലിന്യം സംഭവിച്ചു കഴിഞ്ഞാൽ പ്രമാണോപന്നമായിരിക്കുന്ന ആത്മീയ വിജ്ഞാനം എന്ന് വെച്ചാൽ ശ്രുതി വ്യക്തമായും പ്രതിപാദിക്കുന്ന ഈ ആത്മീകത്വ വിജ്ഞാനം അസഹൃത് ഉച്ചനുമൊ പലതവണ പറഞ്ഞുകഴിഞ്ഞാലും ബുദ്ധി ദുഷിച്ചു പോയാൽ കലങ്ങിപ്പോയാൽ അനിർജുബുദ്ധി നാം ബ്രാഹ്മണാനെ അനിർജുബുദ്ധികളായ ഋർജുബുദ്ധികളല്ലാത്ത നേർബുദ്ധി അല്ലാത്ത ബ്രാഹ്മണരുടെ ചേതസ്സിൽ അന്ധകരണത്തിൽ ന ആധീയതേ ഇത് പ്രകാശിക്കുന്നില്ല എന്നാണ് നേരത്തെ പറഞ്ഞു ഇത് മുക്വാ ശ്രുത്വമേധാവേ പറഞ്ഞും കേൾപ്പിച്ചും മഹീയത ഗുരുവൻ സ്വരൂപസാക്ഷാത്കാരത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പ്രാപിക്കാൻ ഒരാൾക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണനും അനുരുജു ബുദ്ധിയാണെങ്കിൽ ബുദ്ധി കലങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ താർക്കികന്മാരുടെ ഉപദേശം കേട്ടു താർക്കികന്മാരെന്ന് പറഞ്ഞാൽ ഈ ആത്മാവിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നവരന്മാരായിരുന്നു അതിനവർ യുക്തികളും പറയും ഏകത്വ വിജ്ഞാനം ഉള്ളിൽ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള യുക്തികളായിരിക്കും പറയുന്നത് അതുകൊണ്ട് അനുരുചബ ബുദ്ധിയായ ബ്രാഹ്മണന്മാർ ബുദ്ധി കലങ്ങിപ്പോയ ബ്രാഹ്മണന്മാർ അവരുടെ ദേദസ് അന്ധക്കരണത്തിന് ഇത് പതിയുന്നില്ല ഇതി ത പ്രതിപാദനെ ആദരപതി ശ്രുതി നേരത്തെ പറഞ്ഞുള്ള ശ്രുതി എന്ന് പറയുന്നത് അനേക സഹസ്രം മാതാപിതാക്കളെക്കാളും ജീവന്റെ ക്ഷേമത്തിൽ താല്പര്യമുള്ളവളാണെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ആ ശ്രുതി ആ പ്രതിപാദനെ ആദരവതി വീണ്ടും ശ്രദ്ധയോടുകൂടി ഇയാളുടെ ബുദ്ധി എത്ര കലങ്ങിയാലും ശരിയാളെ ബുദ്ധിയിൽ ഇതിനെ ബോധിപ്പിച്ച് അടങ്ങും എന്നുള്ള ആ ശ്രദ്ധയോടുകൂടി പുനഃ വീണ്ടും വീണ്ടും ഈ കാര്യത്തിൽ തന്നെ പറയുന്നു നമ്മള് നമ്മുടെ ബുദ്ധിയിൽ ഇത് ഗ്രഹിക്കുന്നില്ല എന്ന് കരുതി പ്രയാസപ്പെടേണ്ട കാര്യമില്ല ഇത് ഗ്രഹിക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും ശ്രുതി താൽപര്യപൂർവ്വം ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിരന്തരമായ ഇതിന്റെ ആവർത്തനം കൊണ്ട് ഈ നേരത്തെ പറഞ്ഞ വിചരിത അന്ധകരണം ഏകാഗ്രമായിത്തീരുന്നു പ്രസന്നമായിത്തീരുന്നു അതാണ് ഇതിന്റെ ഒരു ഗുണം ഒരാൾ ശ്രവണം ചെയ്യുന്നു അയാൾക്ക് ഗ്രഹിക്കുന്നില്ല അയാൾക്ക് ശരിയായിട്ടുള്ള ബോധം അല്ലെങ്കിൽ ഉള്ളിൽ പ്രകാശം ഉണ്ടാകുന്നത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്ന് കരുതി അയാൾ ഒരിക്കലും പിന്മാറാൻ പാടില്ല നിരന്തരം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയോ എന്തുകൊണ്ട് ശ്രുതി അതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ കലങ്ങിയ മനസ്സും തെളിഞ്ഞു വരണം ഇപ്പൊ ശ്രവണം കൊണ്ട് ആത്മബോധം ഉണ്ടായില്ലെന്ന് വരാം ഉണ്ടാകാതിരുന്നോട്ടെ പക്ഷെ ഈ കലങ്ങി കിടക്കുന്ന മനസ്സ് തെളിഞ്ഞു വരും അതാണ് എന്റെ പ്രയോജനം നിരന്തരമായ ആവർത്തനം ഇതിന്റെ ശ്രവണം കൊണ്ടുള്ള പ്രയോജനം മനസിന്റെ തെളിച്ചമാണ് അത് സംഭവിക്കുക അതായത് ഒരുവനെ നിരന്തരമായ ശ്രവണം അവനെ ലക്ഷ്യത്തിൽ എത്തിച്ചില്ലെങ്കിലും ആ ലക്ഷ്യത്തിൽ എത്തുന്നതിനുള്ള യോഗ്യത അവന് നൽകുന്നു അതാണ് ശ്രവണത്തിന്റെ അവാന്തര ഗുണം എന്ന് പറയുന്നത് അതിന്റെ മുഖ്യ ഗുണം മുഖ്യപ്രയോജനം എന്ന് പറയുന്നത് ലക്ഷ്യത്തിലെത്തിക്കുക ആരൂഢപദവിലെത്തിക്കുക അതാണ് അപ്പോ ഒരു ആരു എന്ന് പറയുന്നു ഒരുവൻ ഈ മാർഗത്തിൽ സഞ്ചരിച്ച് ആരൂഢപദവിയിലെത്താൻ ആഗ്രഹിക്കുന്നു ഇതിന്റെ പരമപദവിയിലെത്താൻ ആഗ്രഹിക്കുന്നു പക്ഷെ അവൻ യോഗ്യനല്ല നേരത്തെ പറഞ്ഞ സാധന ചതുഷ്ടയ സമ്പത്തി ഒന്നും അവന് കൈവന്നിട്ടില്ല അങ്ങനെയുള്ളവരും ഈ ശ്രവണത്തിൽ പ്രവർത്തിക്കണമോ പലരും ചിന്തിക്കുന്ന താൻ യോഗ്യനാണ് ഇതിന് എന്ന് ശ്രുതി പറയുന്നത് അതാണെന്നാണ് ശ്രവണത്തിന് എല്ലാവരും അധികാരികളാണ് പക്ഷെ ഫലമുണ്ടാകുന്നില്ലല്ലോ ഫലമുണ്ടാകും ആരൂഢ പദവി എന്ന് പറയുന്ന ഫലമുണ്ടാകത്തില്ല പക്ഷെ അവന് ഇതിൽ ആരോഹണം ചെയ്യുന്നതിനുള്ള സാമർഥ്യമുണ്ടാകും അവന് യോഗ്യതയുള്ള ഒരു അധികാരിയായി മാറുന്നു അതാണ് നിരന്തര ശ്രവണത്തിന്റെ ഫലം എന്ന് പറയും ആ യോഗ്യത പൂർണ്ണമാകുമ്പോൾ അവന് ഫലമുണ്ടാവും യോഗ്യത പൂർണ്ണമാകാതെ ഫലത്തെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ആഗ്രഹിക്കുന്ന കാര്യം നടന്നു എന്നു വരത്തില്ല പക്ഷെ ആവശ്യമുള്ളതെന്തോ അത് നടക്കും തൽക്കാലം വേണ്ടത് അതുകൊണ്ടാ വിചലിതമായ അന്ധക്കരണത്തെ ഏകാഗ്രമാക്കുന്നതിനും ശുദ്ധമാകുന്നതിനും ഉപകരിക്കും നിരന്തരമായിട്ടുള്ള ശ്രവണം അത് ശുദ്ധമാകുന്നതിന്റെ അടയാളമാണ് ഉള്ളിൽ ഈ ആത്മതത്വത്തെ കുറിച്ചുള്ള വ്യക്തത ഉള്ളിലുണ്ടാകും ആ വ്യക്തത ഉള്ളിൽ ഒരുവനുണ്ടാകുന്ന ശാന്തി സമാധാനം അതിന്റെ അടയാളമാണ് ഏകാഗ്രതയോടുകൂടി അല്ല ഏകാഗ്രതയില്ല എങ്ങനെയാണോ ഗ്രഹിക്കുന്ന ആ രീതി ഒരാൾ ഈ തത്വശ്രവണം നടത്തുന്നു എന്നിരിക്കട്ടെ അങ്ങനെ തത്വം ശ്രവണം നടത്തുന്ന ഒരാളുടെ മനസ് ആ ശ്രവണ വേളയിലെങ്കിലും ശാന്തമാവും അതാണതിന്റെ ഫലം അത് നിരന്തരമായി ആവർത്തിക്കുമ്പോൾ ഇവിടെ പറയുന്ന ഈ വിചലിത എന്നുള്ള അവസ്ഥ മാറുന്നു അയാൾക്ക് ഈ തത്വഗ്രഹണ സാമർഥ്യം ആ ജീവന് കൂടുന്നു കൂടുതൽ കൂടുതൽ ആരുടെ ഉള്ളിൽ ഈ തത്വം പ്രകാശിക്കുന്നു അതിനുവേണ്ടി ആദരവതി ശ്രുതി ഇത് എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നുള്ള താൽപര്യത്തോടുകൂടി ശ്രുതി പുനഃ വീണ്ടും വീണ്ടും ഈ കാര്യത്തെ പറയുകയാണ് എന്നാണ് അഗ്നിർ യഥൈകോ ഭുവനം പ്രവിഷ്ഠോ ൂവസ്തൂതമാതിരുപോ അഗ്നി പ്രകാശാത്മാൻ ഭുവനം അൻ ഭൂത ഭുവനം അയം ലോകമതി പ്രതി തതിൻ ദാഹ്യഭേദന ബഹുവിധോ ബഭൂവ യഥാ അഗ്നി എപ്രകാരമാണോ അഗ്നി ഏക ഏവ അഗ്നി ഒന്നാണ് ഏകമാണ് അഗ്നി അതെന്ത് ചെയ്യുന്നു പ്രകാശാത്മാ അത് പ്രകാശാത്മാവാണ് പ്രകാശസ്വരൂപത്തോടുകൂടിയവനാണ് അഗ്നിയുടെ സ്വഭാവം തന്നെ പ്രകാശിക്കുന്നതാണ് അഗ്നിയെ കാണുന്നവന് അത് പ്രകാശിക്കുന്നു അങ്ങനെ പ്രകാശിക്കുന്ന അഗ്നി ഭുവനം അതിനെ വ്യാഖ്യാനിക്കുകയാണ് ഭവന്തി അസ്മിൻ ഭൂതാനി ഇതി ഭുവനം അസ്മിൻ ഇവിടെ ഭൂതാനി പ്രാണികൾ ഭവന്തി ഉണ്ടാകുന്നു ജനിക്കുന്നു അതുകൊണ്ട് തന്നെ ഭുവനം എന്ന് പറയും അഗ്നി പ്രവേശിച്ചിട്ട് അയം ലോക ഈ ലോകം തന്നെ ഭുവനം ഇമം പ്രവിഷ്ട അഗ്നി പ്രവേശിച്ചിരിക്കുന്നു അനുപ്രവിഷ്ട സൃഷ്ടിയിൽ ഇത് അനുപ്രവേശം ചെയ്തു ഭുവനത്തെ സൃഷ്ടിച്ചു അതിലേക്ക് ഈശ്വരൻ അഗ്നിയെ കടത്തിവിട്ടു അവൻ ഇതിലേക്ക് കടന്നു വന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു രൂപം രൂപം പ്രതി ദാരു ആദി ദാഹ്യഭേദം ദാർവാദി ദാരുവിറക് വിറകിലും മറ്റുമാണ് അഗ്നി ജ്വലിക്കുന്നത് അതാണ് ദാഹ്യം ദഹിക്കത്തക്കത് ദഹിക്കത്തക്ക വിറക് പോലെയുള്ള വസ്തുക്കളിൽ ദാഹ്യഭേദം പ്രതി ഓരോന്നിനേക്കും അത് കടന്നിട്ട് പ്രതിരൂപ സദൃശനായിത്തീരുന്നു തത്ര തത്ര പ്രതിരൂപവാൻ ഓരോ തടിക്കഷണത്തിലും അതിന് സദൃശനായിത്തീരുന്നു നീണ്ട വിറകാണെങ്കിൽ അഗ്നി നീണ്ടിരിക്കും ഉരുണ്ട വിറകാണെങ്കിൽ അഗ്നി ഉരുണ്ടിരിക്കും പരന്ന വിറകാണെങ്കിൽ അഗ്നി പരന്നിരിക്കും അതാണ് പ്രതിരൂപം വിറകിന് സദൃശ രൂപത്തോടു കൂടി നായിത്തീരുന്നു അഗ്നി ബഹുവിധ ബഹു അഗ്നി പല രൂപത്തിലായിത്തീരുന്നു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് ഈശ്വരൻ ജീവഭാവത്തിൽ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു ഓരോ ശരീരഭേദമനുസരിച്ച് പശു പക്ഷി മനുഷ്യ ശരീരഭേദമനുസരിച്ച് അതാത് രൂപത്തിൽ ഇവിടെ കാണപ്പെടുന്നു ജീവഭാവത്തിൽ ഇവിടെ കാണപ്പെടുന്നു എന്നാണ് ഈ പറയുന്നതിന്റെ താൽപ്പര്യം ഒന്ന് തന്നെയാണ് പലതായി കാണപ്പെടുന്നത് വിറകിനനുസരിച്ച് തീ മാറുന്നത് പോലെ ഏക ഏവ തഥാ സർവഭൂതാന്തരാത്മാ സർവഭൂതാന്തരാത്മാവായിരിക്കുന്ന സർവവിറകുകളിലും ഒരേ അഗ്നി തന്നെ സർവവിറകിലും അവിടെ അന്തരാത്മാവായിരിക്കുന്നു അഗ്നി രൂപത്തിലിരിക്കുന്ന ഒരു വസ്തുവാണ് അതുപോലെ സർവപ്രാണികളിലും ഭൂതം പ്രാണി സർവപ്രാണികളുടെയും അന്തരാത്മാവായിരിക്കുന്ന സർവേഷാം ഭൂതാനം ആഭ്യന്തര സർവഭൂതങ്ങളുടെയും ആഭ്യന്തരം ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാർവപ്രാണികളെയും ബാഹ്യമായി നമ്മൾ കാണുന്നുണ്ട് സ്ഥൂല ശരീരം അതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങൾ പ്രാണൻ മനസ്സ് ബുദ്ധി അജ്ഞാനം ഇതിന്റെ എല്ലാം ഉള്ളിൽ അങ്ങനെ ആഭ്യന്തര ആത്മാഅ അതിസൂക്ഷ്മ അത്യധികം സൂക്ഷ്മമാണ് ഷു ഇവ ഇവറകിലും മറ്റും അഗ്നി എന്നതുപോലെ സർവദേഹം പ്രതിപ്രവിഷ്ഠത്വ ഓരോ ദേഹത്തിനും അവൻ പ്രവേശിച്ചിരിക്കുകയാണ് ഓരോ ശരീരത്തിനും അവൻ പ്രവേശിച്ചിരിക്കുകയാണ് പ്രവേശിച്ച ദീതവും പ്രതിരൂപോഭവ ആ ശരീരത്തിന് സദൃശനായി തീർന്നു മനുഷ്യ ശരീരത്തിന് സദൃശനായി വിവേകമുള്ള ജീവനായി മൃഗശരീരത്തിൽ അവിടെ സദൃശനായി ശരീരത്തിനനുസരിച്ച് അവിടെ വിവേകശൂന്യനായി ബഹിസ്റ്റേന രൂപേണ ആകാശവും അങ്ങനെ പ്രവേശിച്ചിരിക്കെ തന്നെ തന്റെ അവികൃതമായ രൂപത്തിൽ തന്റെ ഏകമായ രൂപത്തിൽ അവനുസ്ഥിതിയുന്നുണ്ടതാണ് ബഹിഷ്ഠ ഇവൻ ഇതിന്റെ എല്ലാം ഉള്ളിലുമാണ് ഇതിന് പുറത്തുമാണ് ഇതിന്റെ ഉള്ളിലാണെന്ന് പറയുമ്പോൾ ഈ ഉപാധികൾക്കെല്ലാം വശന്മതനായി ജീവഭാവത്തിലിരിക്കുന്നു ബഹിഷ്ഠായെന്ന് പറയുമ്പോൾ അവൻ ഇതിലൊന്നിനും കിടക്കാതെ പൂർണ്ണ മുക്തനായും സ്ഥിതി രൂപേണ യാതൊരു വികാരവും സംഭവിക്കാ ഒരേ സമയം ഈ അവൻ ജീവഭാവത്തിന് ബദ്ധനായും അതേസമയം തന്നെ അവൻ ഈശ്വരഭാവത്തിൽ മുക്തനായും ആകാശവും ആകാശത്തെ പോലെ അത് സർവവ്യാപിയായി നിൽക്കുന്ന സമയം തന്നെ കുടത്തിനും കലത്തിന്റെയും എല്ലാം ഉള്ളിലും പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ പരമാത്മാവിന് സംഭവിച്ചിരിക്കുന്നു അത് ബന്ധനസ്വനായി മോക്ഷത്തിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഈ ബന്ധനത്തിനും മോക്ഷത്തിനും അതീതനായി സ്വരൂപസ്ഥിതിയിലും നിൽക്കുന്നു ഒന്നിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ബഹിഷ്ഠു പുറമേയുമാണ് ത്രിപാദ്യാമൃതം ദിവി എന്ന് പറയും ഈ പ്രപഞ്ചരൂപത്തിൽ പരിണമിച്ചിരിക്കുന്ന ആ പരമാത്മാവസ്തു തന്നെ ഈ പ്രപഞ്ചാതീതനായി സദാസ്ഥിതി ചെയ്യുന്നു ഈ ബന്ധമോക്ഷങ്ങളും ഈ സംസാരവും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പരമാത്മാവ് തന്നെ സംസാരാതീതനായും സ്ഥിതി ചെയ്യുന്നു അക്കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ബഹിഷ്ഠ എന്നുള്ള പദം പ്രത്യേകം ഉപയോഗിച്ചത് ഈ രണ്ടും ഓരോന്ന് പറയുന്നത് താൻ ബന്ധനസ്ഥനാണ് തനിക്ക് ഈ ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം അതാണ് തന്റെ ജീവിത ലക്ഷ്യം എന്നെല്ലാം കരുതി അതിനുവേണ്ടി പരിശ്രമിക്കുന്നവൻ ബന്ധനത്തെക്കുറിച്ച് ബോധവാനായിരിക്കുന്നവൻ അതേസമയം അവൻ മറ്റൊരു കാര്യം അത് ശ്രദ്ധി തനിക്ക് ബന്ധനം സംഭവിച്ചിട്ടില്ല തനിക്ക് മോക്ഷത്തിന്റെ ആവശ്യമില്ല വാസ്തവത്തിൽ താൻ നിത്യ സ്വതന്ത്രനാണ് സ്വരൂപസ്ഥിതനാണ് എന്നുള്ള കാര്യവും അതേസമയം ആണ് ഭാഷകാരൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് തത്വബോധത്തോടുകൂടി പ്രാതപ്യ ഏകത്വ വിജ്ഞാന എന്നും ഭാഷത്തിൽ പറഞ്ഞു വിജ്ഞാനത്തിന്റെ സാക്ഷാത്കാരത്തിന് മുമ്പും ആ ഏകത്വ സ്വരൂപത്തെ വിസ്മരിക്കരുത് വാസ്തവത്തെ സത്യത്തെ വിസ്മരിക്കരുത് വിസ്മരിക്കാതെ വേണം പ്രവർത്തനങ്ങളെന്നാണ് അപ്പൊ ഇത് രണ്ടും തമ്മിൽ ചെന്ന് കൂടിച്ചേരുന്ന ഒരു ഭാഗമുണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ചിന്തയും പ്രവർത്തനങ്ങളും എല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെ സ്വരൂപ ബോധം സ്വരൂപ വിസ്മരണം സംഭവിക്കാതിരിക്കുക എന്നുള്ള പ്രക്രിയയും ജീവന് ഇത് രണ്ടും ഒന്നായിത്തീരുന്നതാണ് ഒരിടത്ത് ഇത് രണ്ടും കൂടിച്ചേരുന്നതിനാണ് മോക്ഷം എന്ന് പറയുന്നത് രണ്ടും ഒരിടത്തെത്തിച്ചേരുന്നു എന്നർത്ഥം രണ്ടും ഒരേ തരത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് സത്യബോധം എന്ന് പറയുന്നു ഒന്നിനെ വിസ്മരിച്ചു കഴിഞ്ഞാൽ അവന് മുക്തനാകാൻ കഴിയത്തില്ല എന്നാ തന്റെ സ്വരൂപത്തെ വിസ്മരിച്ചിട്ട് എന്നാണ് പല ഭാഗത്തും ഭാഷകാരം പറയും അജ്ഞനായി മോക്ഷത്തിന് വേണ്ടി ഒരാൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ അയാൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയത്തില്ല എന്നർത്ഥം അസയം തന്റെ സ്വരൂപത്തെ മനസിലാക്കി അയാൾ മോക്ഷത്തിനു വേണ്ടി പരിശ്രമിക്കുന്നില്ല അന്ധനായി തന്നെ ഇരിക്കുന്നു അന്ധൻ അവൻ പ്രകാശത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്നാലും നടക്കത്തില്ല മോക്ഷം അവന് കരഗതമാകുന്നില്ല എന്ന് ഇത് രണ്ട് സംഭവിക്കും സ്വരൂപസ്ഥിതിയെ വിസ്മരിക്കരുത് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം അതിൽ നിന്ന് പിന്മാറാനും പാടില്ല ഇത് രണ്ടും ഒന്നിക്കില്ല ഒരു സ്ഥാനത്ത് അവൻ മുക്തനായിത്തീരുന്നു അവിടെ ഇത് രണ്ടും ആവശ്യമില്ലാതെ വരും അത് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഈ രണ്ടും കാണിക്കുന്നത് ഒരിടത്ത് പറയുന്നു രൂപം അരൂപം പ്രതിരൂപ ഈ കാണുന്ന സർവത്തിനും അനുസരിച്ച് അവനും മാറുന്നു വേറെടുത്ത് പറയുന്നു ബഹിഷ്ഠ അവൻ ഇതിലൊന്നിനും പെടാതെ ഇതൊന്നും സംഭവിക്കാത്തവനായി നിൽക്കുന്നു ഈ രണ്ടു തരത്തിലുള്ള ചിന്താഗതികളെയും യോജിപ്പിച്ചു ഒരിടത്തെത്തിക്കുന്നു അതിന് തത്ത്വബോധം ശരിയായിട്ടുള്ള അതാണ് ഈ മന്ത്രത്തിനും പറയുന്നത് യഥാ അഗ്നി അഗ്നി ഭുവനം പ്രവിഷ്ടൂപം പ്രതിരൂപ ബഭൂവ തഥ രാത്മാതി അഗ്നികോ ഭുനം പ്രവിഷ്ടോ അതിരൂപോ ബൂവസ്തൂതമാ രൂപം രൂപം പ്രതിരൂപോ ബഹിഷ്ട ശരിയായ രീതിയിൽ മന്ത്രങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അതായത് ഈ മന്ത്രങ്ങളുടെ താത്പര്യത്തെ ഗ്രഹിച്ച് മന്ത്രം പാരായണം ചെയ്യുമ്പോൾ മനസ്സ് ഈ മന്ത്രങ്ങളുടെ മന്ത്രം എന്ന് പറയുന്നത് ശബ്ദാത്മകമാണ് ശബ്ദാത്മകമായിരിക്കുന്ന മന്ത്രത്തിൽ നിന്നും വിട്ട് അതിന്റെ അർത്ഥത്തിലെത്തണം മനസ് ശബ്ദവും അർത്ഥവും തമ്മിലുള്ള ഒരു ചെറിയ ഒരു വളരെ ദുർബലമായ ഒരു അതിർവരമ്പ് അതിനാണ് നമ്മൾ അജ്ഞാനം എന്ന് പറയുന്നത് അപ്പൊ അതിനെ കടന്ന് മനസ്സ് അർത്ഥത്തിലെത്തിച്ചേരും അതാണ് ശരിയായിട്ടുള്ള പാരായണം എന്ന് പറയുന്നത് സംഭവിക്കുന്നപ്പോഴാണ് പുരം ഏകാദശം അജസവക്േദസം ശുചിഷന്സു അന്തരി പൂത്തേദിഷൻ അതിഥർദ്ദുണസത് ഷത് വരസന് വ്യോമസോജ്രി അർദത് ഊർധം പ്രാണം ഉന്നയതി അപാനം വ്യക്ത മധ്യേവാമനമാസീനം വിശ്വസത്തെ അസ വിസ്രംസമാനസരസ്ഥേനേവിമുച്യമാനത്ര പരിശിഷ്യത്തി ൈ തത് നോജീവതി കണീവതിസ്േപ്പശ്രൗ ഹ പ്ര്യാ ഗുഹ്യം ബ്രഹ്മ സനാതം യഥാ മരണം പ്രാപ്യ ആത്മാവതി ഗൗതമോനി അന്യേ പ്രപത്യന് ശരീരേനു അന്യനു സംയന്തി യയഥത്തു ജാഗർ കാമോ നൃമിമാണ തുക്രം തദ്വാമൃത തസ്മോ േരി കൈ തത് അനിഥൈകോ ഭുനം പ്രവിഷ്ടോതിഭൂവേകസ്തൂതരാത്മാ തിരുപോ ബേജസ്വിനേ Om Sāmihi Sāmihi Sāmihi Om Sāmihi Sāmihi